ശങ്കിതാനന്തമാത്മജം സച്ചിതാനന്ത ഗുരു നമ്മള് എന്നുള്ള മരുന്നുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് എന്റെ ഓർമ്മ അതില് ിഴങ്ങ് കാടിവെള്ളത്തിലരച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ മാറുമെന്നുള്ളത് പറഞ്ഞാണെന്ന് അസ്ഥിതെന്ന് തോന്നി മുരിഞ്ഞ വേര് പിഴിഞ്ഞ നീര് തേൻ ചേർത്ത് കഴിച്ചാൽ പ്രത്യേകിച്ച് ലിവറിൽ ഉണ്ടാകുന്ന അർബുദം യകൃത് സംബന്ധിയായ ഒട്ടേറെ ഗ്രന്ഥികൾ അവ ക്യാൻസർ ആയവയും അല്ലാത്തവയും മാറും വളരെ എളുപ്പമാണ് ഇതിൽ ചെറിയൊരു പാഠഭേദവും കൂടെ പറഞ്ഞാൽ മുരിങ്ങയുടെ വടക്കോട്ട് പോകുന്ന വേരെടുത്ത് തൊലി ചുരണ്ടിക്കളഞ്ഞു തൊലി എന്ന് പറയുന്ന പുറത്തുള്ളൊരു മൊരി മാത്രം ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും ആ കരിന്തൊരി എന്നിട്ട് ചെറുതായി അരിഞ്ഞ് പിഴിഞ്ഞ നീര് ഒരു ടീസ്പൂൺ ഒരൗൺസ് പാലിക്കൊടുത്താൽ പ്ലീഹോതരം അപ്പമില്ല ഒറ്റ പ്രാവശ്യം പഴയ കാലത്ത് കുട്ടികളുടെ പൊക്കളിൽ തുടുമ്പോൾ വേദനിക്കുകയും ചൂണ്ടിനിക്കുകയും ചെയ്യുമ്പോൾ സ്പ്ലീൻ വീർത്തിട്ടാണ് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ അമ്മമാർക്കറിയാലല്ലോ സാധാരണഗതിയിൽ ഇന്ന് കാണുന്ന ലുക്കീമിയ പ്ലീഹോദരത്തിന്റെ ഒരു പതിപ്പാണ് അതിനൊറ്റ പ്രാവശ്യത്തെ മരുന്നേ കൊടുക്കാറുള്ളൂ പഴയ നോ എസ് ടി കൂടുതൽ എസ് കൂടുതൽ ഒക്കെ വരുന്ന എതിർത്തിലും പ്ലീഹയിലും വരുന്ന ചേഞ്ചുകൊണ്ടാണ് അത് കൂടാതെ പലപ്പോഴും കുട്ടികൾക്ക് കഴുത്തിൽ ചെറിയ മുഴയും കാണും അപ്പച്ചി എന്നാണ് പഴയ പേര് അത് ലുക്കിമേയിൽ കാണുന്ന ഒരു ചേഞ്ചാണ് ഇതൊക്കെ നേരെ പോയി ഉടനെ സ്കാനെടുത്തോ ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ ഒന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള മരുന്നുകൾ കുട്ടികളുടെ കഴുത്തിന് താഴെ പതുക്കെ അമ്മമാരെ കൈ ഓടിക്കുമ്പോൾ അവിടെ ആ മുഴ കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് അപശിയുടെ ലക്ഷണമാണ് അപ്പോൾ തന്നെ അവർ പൊക്കിളിൽ ഞെട്ടി നോക്കും വയറു വേദനിക്കുന്നതൊന്നിരിക്കുക അപ്പൊ അവിടെ ഒരു സാധനം ഒന്ന് മുട്ടുന്ന പോലെ പോകും അത് സ്പ്ലീൻ എടുത്ത് കാണും കാണും ഉടനെ വീട്ടുപറമ്പിലെ കുരിങ്ങിയുടെ പേര് വടക്കോട്ട് പോകുന്നത് വടക്കോട്ട് പോകുന്നത് തന്നെ വേണം അത് കണ്ടിച്ചു കൊണ്ടുവന്ന് അതിന്റെ നീരെടുത്ത് ഒറ്റ ഡോസ് രണ്ടാമത് വളരെ അപൂർവമായി രണ്ടാമതോ മൂന്നാമതോ കൊടുക്കേണ്ടി വരുള്ളൂ വളരെ ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ് മുരിങ്ങ വേര് പിഴിഞ്ഞവേര് തേൻ ചേർത്ത് കൊടുത്താലും പെട്ടെന്ന് മാറും ക്യാൻസറിൽ ലുക്കീമിയയിൽ ഓട്ടെല്ലാ ക്യാൻസറിലും ലുക്കീമിയയിലും രാജേഷ്മാവ് ഓജസിനെ കൂടെ ക്ഷയിപ്പിക്കുന്നതാണ് പലപ്പോഴും രാജേഷ്മാവ് ക്ഷയത്തിന്റെ ലക്ഷണമാണോ കാണിക്കുക ക്യാൻസറിന്റെ ലക്ഷണമാണോ കാണിക്കുക എന്ന് വ്യക്തതയുള്ളതല്ല അതുകൊണ്ട് ഇന്ന് മരണങ്ങൾക്ക് കാരണമാണ് ഈ രോഗം കാരണം പലപ്പോഴും നീണ്ടു ചുമ രക്തം ഛർദിക്കല് ചമച്ച് രക്തം തുപ്പല് ഒക്കെ വന്നാൽ വിഷദ്വരന്മാർ ലങ്സിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നമായി കാണുകയും പലപ്പോഴും അത് ക്ഷയലക്ഷണമായി കണ്ട് ക്ഷയത്തിൻ്റെ മരുന്നുകൾ തുടങ്ങുകയും ചെയ്യും ക്ഷയത്തിന് കൊടുക്കുന്ന ആധുനിക മരുന്നുകളെല്ലാം കോശങ്ങളെ നശിപ്പിക്കുവാൻ പര്യാപ്തവും കോശത്തിൻ്റെ അനിയന്ത്രിതമായ വർധനവിന് കാരണവുമായി തീരുന്നതാണ് പലപ്പോഴും നാളുകൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാണ് കുറയാതെ വരുമ്പോൾ മറ്റൊരു ദിശയിൽ അന്വേഷണം നടത്തുവാൻ ഓം കോളജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുക്കലേക്ക് ചെയ്യുന്നത് തന്നെ ഇത്തരം രംഗങ്ങളിൽ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് കരിഞ്ചീരകം അത് മാത്രം കൊണ്ട് പല രോഗങ്ങളും മാറുന്നതാണ് വളരെ അത്ഭുത ശക്തിയുള്ള ഔഷധങ്ങളിലൊന്നാണ് കരിഞ്ചീരകം ഒടിച്ച് വച്ച് അല്പം മോരില് അല്പമെടുത്ത് തേനിൽ അല്പമെടുത്ത് കരിക്കിൻ വെള്ളത്തിൽ ഒക്കെ കൊടുത്ത രീവക രോഗങ്ങളെല്ലാം ശമിക്കുന്നതാണ് വറുത്തുപൊടിച്ചാൽ ദീർഘകാലം ഇരിക്കും പച്ചയ്ക്ക് പൊടിച്ചാലും ഔഷധ ഗുണമുള്ളതാണ് പച്ചക്ക് പൊടിച്ച് വെച്ചേക്കരുത് കുഴുവ് വെള്ളം തിളപ്പിച്ചു കുടിക്കുകയും ചെയ്യും ക്യാൻസർ രോഗികളെ വെറുതെ തന്നെ വെള്ളം തിളപ്പിച്ച് തന്നെ ക്യാൻസർ മാറും പൈറ്റൊന്നും മുടക്കാതെ ചെറിയ ഇതിലൊക്കെ കൂടുതലായിട്ട് ഈ കരിഞ്ചീരകം ചതച്ച വെയിലത്ത് വെക്കും സൂര്യസ്ഫുടം ചെയ്യുക അത് മെറുകയില് ഒരു പതിനൊന്ന് തുള്ളി വെച്ചാൽ അന്തർവിദ്രഥികളെല്ലാം പോകും അകത്തുള്ള എല്ലാം ഒഴിയും പോകും അത്ര ഫലപ്രദമാണ് അതൊരപ്പം അല്പം മൂക്കിന്റെ ചെറിയ ഇതുണ്ട് സൂര്യക്കുഴം ചെയ്തെടുത്ത എണ്ണ തലേ തേച്ചാല് മുടിയും നന്നാവും ചോപ്പ് നിറമായിരിക്കും എണ്ണയ്ക്ക് ഉണ്ടാവുക നല്ല ചുവപ്പ ഉണ്ടാവുക ഏടിച്ചെണ്ണ ആയാലും എണ്ണയായാലും കുഴപ്പമില്ല എള്ളെണ്ണയാണെങ്കിൽ അവൻ സ്പീഡിലിണങ്ങിയെല്ലും എള്ളെണ്ണ യോഗവാഹിയാണ് വെളിച്ചെണ്ണയ്ക്ക് ആശക്തിയില്ല എള്ള അറിയപ്പെടുന്ന ഏറ്റവും യോഗവാഹിയായ ഒരു സ്ഥാനമാണ് അത് ഏത് മരുന്നിനെ കൊണ്ടുപോകുന്നോ യാതൊരു തടസ്സവും ഇല്ലാതെ മരുന്നിനെ ഉദ്ദേശിക്കേണ്ട എത്തിച്ച് ഏത് സ്ഥലാണോ ടാർജറ്റഡ് സ്ഥല് അവിടെ എത്തിച്ചിട്ടേ എണ്ണ തീയുള്ളൂ എന്റെ വെള്ളം പറ്റുന്നവര് ഓടിച്ചിട്ട് വെള്ളം പറ്റുന്നവർ വരുന്ന എണ്ണയിൽ ഒരു വെള്ളം ഉണ്ടാവും ഒരു പാത്രത്തിലെടുത്ത് വരുന്നേക്ക് വെച്ചാല് ആ വെള്ളം പറ്റും അത് എണ്ണ കയറ്റാൻ പുറത്ത് പിടിക്കുന്നുണ്ട് വെറുതെ പൊടിക്കാം ദീർഘകാലം പൊടിച്ചു വെച്ചിരുന്നു ഉപയോഗിക്കാൻ ഒന്നും പുറത്ത് പൊടിച്ചില്ലെങ്കില് അതിനകത്ത് കുത്തന്നു പറഞ്ഞൊരു സാധനം വരും വളരെ വേറെ അത്രേ ഉള്ളു വേറെ കുഴപ്പം ഒന്നുമില്ല പഴയ വീടുകളിലൊക്കെ ഇതൊക്കെ ധാരാളം ഉണ്ടായിരുന്ന തള്ളിയും തന്നയും തല്ലിയും ഓടിച്ചിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ച എന്റെ ആഹങ്കാരം കൊണ്ട് നീങ്ങിയതാണ് ഈ കുഴപ്പത്തിനൊക്കെ അവിടെ ഈ പുതിയ പുസ്തകമൊക്കെ എടുത്ത് ചിലയിൽ ലഹരിപ്പിച്ച് അതിൻ്റെ ശ്മശാനത്തിൽ നിന്ന് തന്തയും ബഹുമാനിക്കുന്ന ഒരു പുതിയ ജീവിതം തുടങ്ങിയാൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയൊക്കെ ഇല്ലെങ്കിൽ നിങ്ങളുടെ എക്കണോമിസ്റ്റുകൾ നോബൽ സമ്മാനം കിട്ടിയവരും അല്ലാത്തവരും ഒക്കെ കൂടെ ചേർന്ന് പുതുതായി തന്നതൊക്കെ തകർന്നു വരികയാണ് വലിയ താമസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അറുപത് കൊല്ലം തികച്ചു നിലതില്ല നിങ്ങളുടെ പുതിയ സമ്പദ് ശാസ്ത്രവും സാങ്കേതിക വിദ്യകൾ അതിന്റെ തകർച്ചയുടെ രംഗവേദിയിലാണ് മനുഷ്യൻ നിൽക്കുന്നത് എവിടം വരെ തകരും എന്ന് ഇനി അറിയേണ്ടതു വളയിട്ട് നടന്ന കൈകളൊക്കെ ഞാറ് പറിക്കുന്ന ദിവസം വലിയ ദൂരെയല്ലെന്നാണ് മാറും കരിഞ്ചീരകം വളരെ നല്ലതാണ് കരിഞ്ചീരകം കാട്ടുവെള്ളരി പേര് എനിക്ക് പറയും എല്ലാ ഫൈബ്രോമയിലും വളരെ ഫലപ്രദമാ കാട്ടുവെള്ളരി അത്ഭുത ചികിത്സയിൽ അല്ലെങ്കിൽ മെറാക്കുലർ ട്രീറ്റ്മെന്റിൽ അത്തരം കുറെ മരുന്നുകളുണ്ട് ആയുർവേദത്തിന്റെ കൺസെപ്റ്റില് അതിലൊരെണ്ണമാണ് കാട്ടരി കാട്ടുവള്ളരിയുടെ കായ പിഴിഞ്ഞ നീര് കയ്പ സാധനമാണ് കയ്പെന്ന് പറഞ്ഞാല് എങ്ങാനും ശരീരത്തെവിടെയെങ്കിലും പൂട്ടിയാൽ മുഴുവൻ കോശങ്ങളും കഴിക്കും അങ്ങനൊരു സാധനമാണ് അതൊരു പാത്രത്തിൽ അതിന് നീരെടുത്ത് പാദം കൂടെ ഇറങ്ങി നിന്നാൽ സ്രോതസ്സുകൾ ശുദ്ധമാവും തദ്വാരേരിക്കോസിൽ ഫൈൽസ് ഫിഷർ ഫിസ്റ്റുല എല്ലാം പോവും വായിൽ കൈപ്പ് വരുന്നവർ കാലിൻ്റെ പാദം വഴിയത് കയറി സ്രോതസ്സുകളെ തുളച്ചു കയറി നിങ്ങളുടെ നാവിലതിന്റെ കൈപ്പെത്തിക്കുമ്പോൾ സകല സ്രോതസ്സും തോറക്കും സ്രോതസ്സുകൾ തുറന്നു കിട്ടിയ പാസേജിൽ ഫ്രീ ആവും ആ പാസേജിൽ വരുന്ന രോഗങ്ങളാണ് സ്രോതോ രോഗങ്ങളാണ് ഹീമോഗ്ലോബിൻ അതിലെ ഇരുമ്പിന്റെ അംശം കട്ടിയായിത്തീർന്നു വരുന്ന രോഗങ്ങൾ ഒരു ഭാഗം കാൽസ്യം രൂപാന്തരപ്പെട്ട് കട്ടിയാകുന്നത് ഒരുതരം രോഗം ഫോസ്ഫറസ് രൂപാന്തരപ്പെട്ടു വരുന്നത് വേറൊരു രോഗം ഈ രോഗങ്ങളെല്ലാം അലിയിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് കാട്ടുവള്ളരി കഴിക്കണ്ട ഇറങ്ങി നിന്നാമതി ത്വക്കിൻ്റെ ആയിരമായിരം കൂപങ്ങളിലൂടെ ഇതകത്തേക്ക് ആവാഹിച്ചു കയറി ആ കൂല്യകളെ മുഴുവൻ തോടുകളെ മുഴുവൻ വിശുദ്ധമാക്കി തീർക്കുന്നുവെന്നാണ് പറയുന്നത് അത് വളരെ മുറാക്കുലത്തായിട്ടുള്ള ഒരു ഔഷധമാണ് ആ കാട്ടുവെള്ളരിയുടെ കായാണ് ഞാൻ മുമ്പ് പറഞ്ഞത് അതിൻ്റെ പേര് ട്യൂമറിൽ അത്ഭുതാവഹമായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പുട്ടൽപ്പീരം എന്നൊരു കായുണ്ട് ചുരയ്ക്ക കാട്ടു ചുരയ്ക്ക എന്നതില് പേര് പറയും കാട്ടു പീച്ചിങ്ങ എന്നും പറയും മേലുക എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പൊടി കണ്ടിട്ടുണ്ടാവുമായിരിക്കും അതിന്റെ കായ ഇത് മൂന്നും കൂടി അരച്ച് അതായത് കുട്ടൽപ്പീരത്തിന്റെ പേര് അല്ല കായ കാട്ടരിയുടെ പേര് കരിഞ്ചീരകം മൂന്നും കൂടി അരച്ചു കഴിച്ചാൽ ഏതും മാരകമായ ക്യാൻസറുമാറും പൈസ ചെലവില്ല ഏറ്റവും രസകരമായത് മൂക്കിൽ രണ്ടു തുള്ളി പുട്ടൽപ്പീരത്തിന്റെ വേര് പിഴിഞ്ഞ നീര് പുട്ടൽപ്പീരം അല്ലെങ്കിൽ കാട്ടു വീച്ചിലിന്റെ വേര് പറിച്ചെടുത്ത് അത് പിഴിഞ്ഞെടുത്ത നീര് രണ്ടു തുള്ളി രണ്ട് നാസ്താദ്വാരത്തിൽ ഒഴിച്ച് നസ്യം ചെയ്താൽ ഏത് മഞ്ഞ പിത്തവും പമ്പ കിടക്കും വൺ ടൈം കേരളത്തിൽ ഇന്ന് ഒരുപാട് വൈദ്യന്മാരുണ്ട് പത്ത് പൈസ മേടിക്കാം രാവിലെ കുളിച്ചവടെ ചെല്ലണം കിടക്കു നസ്യം ചെയ്യുമ്പോൾ പോളാൻ പറയും അവർക്ക് പേരും പ്രശസ്തിയില്ല അവരഞ്ച് പൈസ നിങ്ങളോട് മേടിക്കുന്നില്ല കാരണം അവർക്കറിയാം പറമ്പേക്കുന്ന മരുന്നവർ പറഞ്ഞു തരിയല്ല കാണിച്ചിരിയല്ല നൂറ് കണക്കിന് ആളുകളുടെ മാറുന്നുണ്ട് അവർക്ക് കോട്ടിൻ്റെ കൈ ഇല്ല അവർക്ക് പേരില്ല പ്രശസ്തിയില്ല അഞ്ചു കൊല്ലം ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിലിട്ട് ഡിപ്പാർട്ട്മെന്റിലിട്ട് കൊല്ലാതെ കൊന്ന് കുടുംബം കൊളം തോണ്ടിയവന് പേരും പ്രശസ്തിയുള്ള നാടാണ് അതാണ് നിങ്ങളുടെ ശാസ്ത്രം ആ അതല്ലെങ്കിലും പറഞ്ഞു വിട്ടാൽ ഇവൻ്റെ ഇടയ്ക്ക് ചെന്നാ ചിലപ്പോൾ അതും ഇല്ല അതിന്ന് കൊളുത്തു വിടുമ്പോഴേക്ക് പെട്ടിക്കകത്താക്കിയ കൊടുത്തത് അതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്നും അവരെല്ലാം മൺമറിഞ്ഞു പോയിട്ടില്ല കേരളക്കരയിൽ അങ്ങോട്ട് ഈ പറഞ്ഞവര് രണ്ടു പൂക്കിലും രണ്ടു തൊള്ളി വീതം ഒഴിച്ച് നസ്യം ചെയ്ത് മാത്രം മാറ്റുന്നവർ കുട്ടൽ തീരത്തിന്റെ കായ മൂക്കാത്ത കായ എടുത്ത് അതിനകത്തെ വിഴിഞ്ഞ നീര് നത്യം ചെയ്താലും ഫലം ഇത് തന്നെയാണ് കുട്ടൽപ്പീരത്തിന്റെ കായക്കട വേര് കശുമാവിന്റെ തളില ജീരകം മഞ്ഞൾ ചേർത്തരച്ച് നെറുകയിലൊരു തളമിട്ടാൽ എകൃത്തിൽ വരുന്ന ലിവറിൽ ചെറിയ ചെറിയ മുഴകളെല്ലാം പറ്റിപ്പോകും അപൂർവ ഫലസിദ്ധിയുള്ള ഔഷധങ്ങളിലൊന്നാണിത് എഴുതോ ഏതറപ്പിട്ടൻപീടത്തിന്റെ ഇഞ്ചിക്കായുടെ മജ്ജ കശുമാവിന്റെ തളിരല ജീരകം വരട്ടുമൊണ്ണൂറ് ശതമാനം ഹോർമോൺ ഇംബാലൻസിൽ വരുന്ന അവയും തൊണ്ണൂറ് ശതമാനം പാങ്കരിയാസിനെ ബാധിക്കുന്നവയും നൂറ് ശതമാനം ലിവറിനെ ബാധിക്കുന്നവയും തൊണ്ണൂറ് ശതമാനത്തോളം അന്നനാളത്തെ ബാധിക്കുന്നവയുമായ ക്യാൻസറുകളിൽ മഞ്ഞൾ മാത്രമേ വേണ്ടു വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മൺപാത്രങ്ങൾ ഉപയോഗിക്കുകയും മഞ്ഞളും കരുവേപ്പിലയും ഭക്ഷണഭാഗത്തിൽ മുഖ്യമായിരിക്കുകയും ചെയ്ത കാലങ്ങളിൽ ക്യാൻസർ ഈ രാജ്യത്തിന് അന്യമായിരുന്നു നിങ്ങളുടെ ഭക്ഷണ പാചകത്തിൽ നിന്ന് മഞ്ഞളും കരിവേപ്പിലയും കിടക്കുകയും ഉപയോഗിക്കുന്നവർ മഞ്ഞപ്പൊടി ഉപയോഗിക്കുകയും ചെയ്തതോടെ ക്യാൻസർ നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തില് സ്ഥിരതാമസം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച പദം മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾ പൊടിയല്ല പ്രമുഖ കമ്പനികളെല്ലാം ഇറക്കുന്നത് മഞ്ഞപ്പൊടിയാണ് അങ്ങനെയാ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ആറു വാങ്ങിച്ചു മഞ്ഞപ്പൊടി എന്നാ പ്രിന്റ് ചെയ്തിരിക്കുന്നത് എള് അതിനൊരു ഡീലറോട് ചോദിച്ചിരിക്കെ എന്താണോ നിങ്ങൾ ഈ എള് വെക്കാത്തത് ചില്ലക്ഷരമായത് കൊണ്ട് അക്ഷരത്തിൽപ്പെടാത്തത് കൊണ്ട് കുറച്ചാണുള്ളൂ പുതിയ ഭാഷയാണോ എന്ന് ചോദിച്ചോ പറഞ്ഞത് ആരെങ്കിലും കേസ് കൊടുത്താൽ അത് മഞ്ഞളല്ല സ്വാമി മഞ്ഞ പൊടിയ അതിനകത്ത് മായം മാത്രമേ ഉള്ളൂ മഞ്ഞള് കൂളത്തിന്റെ പേര് ജീരകം മല്ലി ഇവയിലൊക്കെ ക്യാൻസറിനെയും മറ്റും മാറ്റുന്ന ഘടകങ്ങൾ ഇരിക്കുന്നത് എണ്ണയിലാണ് ആയുർവേദ മരുന്നുകൾ വളിക്കാതിരിക്കാൻ ജീരകം എണ്ണ എടുത്തിട്ടുള്ള ചവറാണ് കഷായം വെക്കുന്നത് ജീരകാരിഷ്ടം വളിച്ചു എണ്ണയെടുത്ത് മാറ്റിയിട്ടുള്ള ചണ്ടിയാണ് അരിഷ്ടത്തിനിടുന്നത് പെട്ടെന്ന് വളിക്കുന്ന ഒരു സാധനമാണ് ജീരകം ജീരകം ഭക്ഷണത്തിൽ ചേർത്തിട്ടുണ്ടെ ഭക്ഷണം നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും വളിക്കും ജീരകം വെള്ളം തിളപ്പിച്ചു വെച്ചാൽ രാവിലെ വെച്ച വെള്ളം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പൊടിക്കും കരിങ്ങാലി ആകുമ്പോൾ അതുണ്ടാവില്ല കരിങ്ങാലി പൊടിക്കുമ്പോൾ അതിനകത്ത് തെങ്ങാനും ജീരകം പെട്ടാൽ ആ വെള്ളം പൊടിക്കും ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം കാരണം ഇതിൽ ഒരെണ്ണം പോലും അടുക്കള കയറുന്നതാണെന്ന് തോന്നുന്നില്ല ആ എണ്ണ കളഞ്ഞിട്ട് വെള്ളം തിളപ്പിക്കേണ്ടി വരും വറുത്തിട്ട് തിളപ്പിച്ചാലും എണ്ണമായ ഉണ്ടെങ്കിൽ ഓടിക്കും ഇത് പഴയ കൊല്ല തള്ളമാരും ഇരിക്കുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ അതിനകത്തൊരു രസമുണ്ട് ഇതെല്ലാം പുതിയ സാധനങ്ങളാണ് പൂണിത്തറയാണ് രാഘവേന്ദ്രയിലെ അഭക്ഷണം പതിവായി അതോ അവിടെ ഒരു അമ്മ തന്നെ ഒരു ഹോട്ടൽ നടന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ പഴയ കൊട്ടാരം ഉച്ചയ്ക്ക് കഴിച്ചു വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു പലതിനെ അതുകൊണ്ട് ഇതെല്ലാം ഫലപ്രദങ്ങളായ ഔഷധങ്ങളാണ് ഉങ്ങിന്റെ കുരു പൊങ്ങ് പുങ്ക് ഇതെല്ലാം ഒരേ മരമാണ് പുങ്കിൻ കുരു എന്ന് പറയും പുങ്ങിൻ കുരു എന്ന് പറയും എണ്ണയുള്ളതാണ് ഉങ്ങെണ്ണ വളരെ ഫലപ്രദമാണ് മുഴകളിൽ പുരട്ടാൻ മുഴകൾക്ക് ഔഷധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതായത് എണ്ണ കാച്ചുമ്പോൾ ഉങ്ങെണ്ണ അതിലൊരു ഭാഗമാണ് കെടുണ്ടാവാൻ ഇടയില്ല കേരളത്തിൽ ഒരു കാലത്ത് വളരെ സുലഭമായി കിട്ടിയിരുന്ന എണ്ണയാണ് ഉങ്ങണ്ണയും ഓടൽ എണ്ണയും ഇപ്പൊ ഇത് അപൂർവമായി അതും കണ്ണയുണ്ട് അപൂർവമായിട്ട് പഴയ കാലത്ത് വീടുകളിൽ വിളക്ക് കത്തിച്ചിരുന്നത് ഓടലെണ്ണയിലാണ് കാരണം ജ്വാല ഇളകില്ല കാറ്റത് രണ്ട് നല്ല നിറം ആ ജ്വാലയ്ക്ക് മൂന്ന് വിളക്കിൽ ക്ലാവുണ്ടാവില്ല ഓടുമായി പ്രതിപ്രവർത്തിക്കില്ല കൺമക്ഷി എടുത്താൽ കണ്ണിന് തെളിച്ചുണ്ടാവും അറുപത് എഴുപത് വയസ്സുവരെ കണ്ണാടി വേണ്ട ആ കൺമക്ഷി കൊണ്ട് കണ്ണെഴുതിയാൽ ഇപ്പൊ എന്തെങ്കിലും കാശി കൊടുത്ത് മേടിക്കുന്നതൊക്കെ കണ്ണേലെഴുതും ലട്ട് വരെ എഴുതും പെൻസിൽ വാങ്ങിക്കാൻ കിട്ടപ്പോ ആ അത് ലട്ടാ അവസാനം കണ്ണിലെഴുതിയാൽ കണ്ണിൻ്റെ മെമ്പ്രൈൻസ് വഴി നല്ല ബ്ലഡിലോട്ട് കലർന്നാൽ അനീമിയ ഉണ്ടാവും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അനീമിയ വരുന്നതിൽ ഈ കണ്ണെഴുത്ത് മനസ്സിലൊക്കെ പങ്കുവഹിക്കുന്നതാണ് പഴയകാലത്തെ തള്ളമാർ മാടോടെടുത്ത് വിളക്ക് കത്തിച്ച് മാടോട് വെച്ച് അതിൽ കണ്മഴ്ചി പിടിച്ച് അത് ചിരണ്ടി വെച്ച് അത് കത്തിക്കാൻ ഓടലെണ്ണ ഉപയോഗിച്ച് ആ ഓടലെണ്ണയിൽ ചാലിച്ച് കണ്ണെഴുതും ആവണക്കെണ്ണയിൽ ചാലിച്ച് കണ്ണെഴുതിയാൽ വയറിളകും ശോധനയില്ലാത്ത കുഞ്ഞിന് ശോധന ഉണ്ടാവും കേട്ടിട്ടില്ല ഏ ആവണക്കെണ്ണ വായി കൊടുക്കുകയില്ല കണ്ണെഴുതിയാൽ ചോദന ഉണ്ടാക്കും ആവണക്കെണ്ണ ധിച്ച് പാളയിൽ കിടത്തി അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ എല്ലാം തൂറ്റും അവിടുത്തെ കൊടുക്കണ്ട അപ്പൊ കുഞ്ഞിനെ പുകലെത്തിരി വെക്കണ്ട ലൂസ് വാങ്ങിച്ചും കൊടുക്കണ്ട ഇപ്പൊ ലൂസ് കെന്റുക വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികൾ പഴയ വെല്ലുമ്മമാർക്ക് അറിയായിരുന്നു അവരെയൊക്കെ നിങ്ങൾ നേരത്തെ കുളിച്ചു മൂടുകയോ ഓൾഡേജ് വോമി വിടുകയോ പീഡിപ്പിച്ചു കൊല്ലുകയോ കഴിഞ്ഞില്ലേ ഇതല്ല ഏ എന്നോട് വല്ലാതെ ദേഷ്യം ഉണ്ടാവും തോന്നി ഏ അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കഞ്ഞിവെക്കുകയും നിങ്ങൾക്ക് വേണ്ടി കറിവെക്കുകയും നിങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ട് കൂടി നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾക്ക് അറിവുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും നിങ്ങൾ മറ്റ് ഭാഷകളിൽ പറയുന്നത് കേൾക്കാൻ കാക്ഷിക്കുകയും ചെയ്ത തള്ള പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പഠിപ്പുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവളെ നിഷേധിക്കുകയും അവളെ സദാ മാനസികമായി അവൾക്ക് പീഡനമുണ്ടാകുമാറും വാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അറിയാതെയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അറിഞ്ഞല്ലേ അവരുടെ സങ്കല്പങ്ങളെ തകർക്കുകയും അവരെ വേദനിപ്പിക്കുകയും ആ വേദനയിൽ ഇവർ നന്നായി ജീവിക്കട്ടെ എന്നോർത്ത് നിരന്തരമായി അന്ധകരണത്തോട് പ്രാർത്ഥിച്ച് മരിക്കുകയും ചെയ്താൽ ആ മരണം കൊലപാതകമല്ലേ കൊലക്കുറ്റത്തിന് കേതെടുക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ അന്ധക്കരണം കൊലപാതകത്തിൻ്റെതാവില്ലേ ശരിയല്ലെന്ന് തോന്നി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് ഒരുപാട് നുണ പറയുന്നുണ്ട് ഞാൻ ഇതൊരു സത്യമാണോ അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ക്യാൻസർ നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് അപ്പോ കരിഞ്ചീരകം കാട്ടുവെള്ളരി പുട്ടൽപ്പീരം അരച്ച് സേവിക്കുക കരിഞ്ഞ ഉങ്ങിൻ കുരു വളരെ ഫലപ്രദമായ ഔഷധമാണ് വരുന്ന ഗ്രന്ഥിന്റെ വേറൊരു പേരാണ് വേലിക്കോസിൽ സ്ഥിരകളിൽ വരുന്ന വേറൊരു ഗ്രന്ഥിയാണ് പൈൽ കൂടുതൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഗുദാ ഗുദാവലികൾ പ്രവൃത്തിന്മുഖമാകാതിരിക്കുക അത്യധികം പ്രവർത്തിക്കുക എരിവ് കൂടിയ ഭക്ഷണം കോഴിമാംസം കോഴിമുട്ട പപ്പായ പൈനാപ്പിൾ ഇവയൊക്കെ ശീലിക്കുക കൊണ്ടും നേരത്തെ നല്ലപോലെ പണിയെടുത്തിട്ട് വിശ്രമിക്കുക കൊണ്ടും അതിലൈംഗികതയിൽ ഏർപ്പെടുക കൊണ്ടും ഗുദാവലികളിലുണ്ടാകുന്ന ഗ്രന്ഥികളുണ്ട് അവയാണ് നിങ്ങൾ അർച്ചസ് ഫൈൽസ് എന്നൊക്കെ പറയുക അവയ്ക്കും മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന മുഴകൾക്കും ഒക്കെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഉങ് അതിതാണ് സീസൺ ഉങ്ങിന്റെ തളിരില ഇപ്പൊ എവിടെ ഇങ്ങു നിൽക്കുന്നുണ്ടെങ്കിലും തളിർത്താൻ നിൽക്കുന്ന അതിൽ ചുവപ്പ് നിറത്തിലൊരു തളിരലയുണ്ടാവും പുറമേ അല്പം മഞ്ഞ നിറത്തിലൊരു തളിരല ഉണ്ടാവും അതിന്റെ പുറമെ ഇളം പച്ച നിറത്തിലൊരു തളിരല ഉണ്ടാവും പപ്പായ കഴിക്കുന്ന കുഴപ്പമില്ല പപ്പായ ചൂട് കൂടുതൽ പ്രദാനം ചെയ്യും ചില ആളുകൾ കഴിച്ചാൽ ഈ ബുദാവലികളിൽ ശല്യം എല്ലാരും കഴിച്ചാൽ വരില്ല ചില ആളുകൾ കഴിച്ചാൽ കോഴിമുണ്ട കഴിച്ചാലും ചിലര് കഴിച്ച എല്ലാരും കഴിച്ചാലില്ല കോഴി മാംസം കഴിച്ചാലും അതെ എല്ലാവർക്കും ഒന്നും വരികല പേടിക്കണ്ട അതിലൈംഗികത കൊണ്ടും എല്ലാവർക്കും വന്നോളന്നില്ല ചിലർക്ക് ഒരു മുദാവലികളിലെ ഞരമ്പുകൾ തടിക്കും കാലിലെയും മറ്റു ഞരമ്പുകൾ തടിക്കും ോസിൽ എന്നാ പറയുന്നത് പറയാ ഇവയ്ക്കെല്ലാം ഒറ്റ വരുന്നേ ആവശ്യ ബ്രെയിനിലെ സ്ഥിരകളിൽ തടിപ്പുണ്ടാവും കണ്ണിലേക്ക് ഓപ്റ്റിക് നെർവുകളിൽ തടിപ്പുണ്ടാവും കാഴ്ചയെ ബാധിച്ചു ഓപ്റ്റിക് നെർവുകളിലെ തടിപ്പ് ചിലപ്പോൾ ആദ്യം ചെല്ലുന്നത് ഓങ്കോളജിസ്റ്റിന്റെ അടുക്കൽ ആയി പോയാൽ ചിലപ്പോഴെങ്കിലും അത് ആസ്ട്രോസൈറ്റോമയാണെന്ന് തെറ്റിദ്ധരിക്കും ഗ്ലയോപ്ലാസ്റ്റോമയാണെന്നോർത്ത് കീമോയോഗ എടുപ്പിക്കും സ്ഥിരമായി ഇയാൾ ക്യാൻസർ രോഗിയാണ് എന്നോർത്ത് മൃത്യുവും കാത്ത് കിടക്കും മനസ്സിലായില്ല അപ്പൊ സ്ഥിരകളിൽ ഗ്രന്ഥി അല്ലെങ്കിൽ ട്യൂമർ വളരെ ഫലപ്രദമായ ഔഷധങ്ങളിൽ ഒന്നാണ് ഉന്ന് അത് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന കാലം ഈ കാലം ഈ ഇപ്പൊ അതൊരു പൂ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് തളുക്കുന്ന കാലമാണ് ചിലത് തളുത്ത് പൂത്ത് തുടങ്ങിക്കാണും ചിലത് ഇപ്പോൾ തളുത്ത് നിൽപ്പുണ്ടാവും അടുത്തെങ്ങാനും പോയി നോക്കിയാൽ കാണാം അങ്ങനെ തളുത്ത് നിൽക്കുമ്പോ അതിൽ ഏറ്റവും സ്വാദ് ഉള്ളത് അകത്ത് കാണുന്ന തളിലാണ് തേങ്ങയും ഒക്കെ ചേർത്ത് നന്നായി ഉപ്പേരി വെച്ച് നിങ്ങളുടെ ഭാഷയിൽ തോരൻ വെച്ച് കൂട്ടിയാൽ ഏത് പൈൽസും പോവും ഏത് വേലിക്കോസിലും പോവും ഏത് ട്യൂമറും പറ്റിപ്പോ പത്ത് അഞ്ചു ദിവസം ചുമ്മാ തോരൻ വെച്ച് കൂടണം ആ നല്ല കാര്യമല്ലേ പത്ത് പൈസ കൊടുക്കാൻ കിട്ടുന്ന പച്ചക്കറിയല്ലേ പുറത്തറിയണ്ടരുത് അടുത്തവണ പോലെ പച്ചക്കറി കടയിലെത്തും അപാരമായ രുചിയുള്ള സാധനങ്ങളിലൊന്നാണ് ഒരിക്ക കൂട്ടിയാ പിന്നെ ഒന്ന് മുഴുവൻ തിന്നും നിന്നത് നന്നായി തോരൻ വെക്കാൻ അറിയാവുന്ന പെണ്ണുങ്ങൾ വീട്ടിലുണ്ടല്ലോ ഞാനീ പറയുന്നത് കേട്ടുപോയി ഇപ്പോഴത്തെ തണ്ടൂരി ഉണ്ടാക്കുന്ന പോലെ ഇതെല്ലാം കൂടെ കരിച്ച് പറിച്ചു നാനായുധമാക്കിട്ട് ഇത് വായു വെച്ച് കൂട്ടാൻ കൊള്ളുകയല്ലോ പറഞ്ഞിട്ടാണെന്ന് പറയരുത് ഏ അവർക്കാം പക്ഷെ ബ്ലഡിന്റെ സർക്കുലേഷൻ കൂടും ഉള്ളി ചുവന്നുള്ളി വെള്ളുള്ളി ഇവയെല്ലാം ബ്ലഡിന്റെ സർക്കുലേഷൻ കൂടും അപ്പോള് പൈൽസ് മൂത്തു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അവനൊന്ന് പൊട്ടും ഉള്ളി നല്ല നെയ്യിൽ പൊരിച്ചെടുത്താൽ പൈൽസിന് നല്ലതാണ് പക്ഷെ മൂത്തു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ബ്ലഡിന്റെ സർക്കുലേഷൻ കൂടുമ്പോ അവർ ഒറ്റ ചീറ്റി ഇപ്പൊ രാവിലെ പോയിരിക്കുമ്പോ ഈ ഇത് നേരെ ഒരു പല്ലറ്റീന്ന് എടുക്കുന്ന പോലെ ഒറ്റ പിടിപ്പിരങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നേരെ യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണെങ്കിൽ അതിനകത്ത് വെള്ളം മുഴുവൻ ചുമക്കും അതോടുകൂടി ഒന്ന് തലവിറ്റി താഴെ അവസാനം പിന്നെ സാമി പറഞ്ഞതാണെന്ന് പറയരുത് ഉള്ളിക്ക് ബ്ലഡിൻ്റെ കൊയാക്കുലേഷൻ സിസ്റ്റത്തിൽ ശക്തമായി പ്രവർത്തിക്കാൻ കഴിവുണ്ട് വാർപ്പാറിനേക്കാളൊക്കെ ശക്തമായ സാധനമാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ോളക്ക് കുറവാണ് ശേങ്കരുവാനും മോശമൊന്നുമല്ല ഏറ്റവും നല്ലത് ഒറ്റയുള്ളി കുടമെന്ന് പറഞ്ഞ് വെളുത്തുള്ളി വരുന്നുണ്ട് സൊളയായിട്ടല്ലാതെ അല്ലികളായിട്ടല്ലാതെ ഒറ്റ ഉള്ളിയായിട്ട് വെളുത്തുള്ളി ചുമന്നതും വെളുത്തുള്ളി തന്നെ ചുമന്നതും വെളുത്തുള്ളി തന്നെ വെള്ളയുമുണ്ട് ചുമന്നത് കാശ്മീരിൽ നിന്നാണെന്നാണ് പറഞ്ഞു വിൽക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മൂന്നാറിൽ വില കൂടുതൽ വാങ്ങിക്കാനാണ് ഇവിടെ എത്തുമ്പോ കാശ്മീരിനോളം ദൂരം പറയുന്നത് ഞങ്ങൾ ഈ സ്വാമിമാരൊക്കെ പ്രഭാസണത്തിന് പോകുന്ന പോലെ നിങ്ങള് അവയക്കാർ എന്നോട് ചോദിക്കാന ഞാൻ പറയാൻ കാസർഗോഡ് എന്നാ ഇപ്പം വരുന്നതെന്നേ പറയുള്ളൂ അപ്പുറത്ത് വയറ്റിലേന്നാണ് ഇങ്ങോട്ട് വരുന്നത് അത്രയും കൂടിയ വണ്ടിക്കൂലി കിട്ടുമല്ലോ ഇതൊന്നും അവിടെ പറഞ്ഞേക്കരുത് അന്നേരം പോകുന്നേരത് അവരാരും ഇവിടെ ഇരിപ്പില്ലാത്തോണ്ട് പറയുന്ന കാരണം ഇല്ലെങ്കിൽ മുതലാവില്ല ശ്മീരി എന്നാണെന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം നിങ്ങൾക്ക് പറ്റിയവരാണല്ലോ ഞങ്ങൾ കഴിച്ചാലും ബ്ലഡിന്റെ സർക്കുലേഷൻ സിസ്റ്റം സിസ്റ്റം ആകെ അത് വെള്ളുള്ളി ആയാലും ചുവന്നുള്ളിയായാലും ചേർക്കുമ്പോ പൊട്ടാറായി നിൽക്കുന്ന ഒക്കെ ആണെങ്കിൽ ഉള്ളി ഒഴിവാക്കുക സ്വാദൊക്കെ കിട്ടാൻ നല്ലത് ഉള്ളി നല്ലോണം ചേർത്ത ഈ തോരൻ വളരെ നല്ലതാണ് ഉങ്ങിന്റെ തളിരിൽ അത് ആ ചുവന്നതാണ് ഏറ്റവും സ്വാദുള്ളത് എളം തളിര് അത് കഴിഞ്ഞാൽ അടുത്തത് ആ ഒരു ഇളം മഞ്ഞ കളറിൽ കാണും അതും ബെസ്റ്റാണ് അത്രയും വരില്ലെങ്കിലും ആ പച്ചക്കളറിലുള്ളതും ഉപയോഗിക്കാം മൂത്ത് കഴിഞ്ഞാൽ തിന്നാൻ പാടാണ് ഇലയുടെ നീരും ട്യൂമറുകളിൽ ഫലപ്രദമാണ്